ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ വീണ്ടും ഒരു ഞായറാഴ്ചയിലേക്ക് നമ്മൾ വന്നിരിക്കുന്നല്ലോ പ്രിയപ്പെട്ടവർ നമ്മളായിരിക്കുന്ന സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് കോവിഡിൻ്റെ അത് സജീവമായിട്ട് നിൽക്കുമ്പോൾ തന്നെ ഈ ദിവസങ്ങളിൽ വലിയ മഴയും മണ്ണിടിച്ചിലും അപകടങ്ങളും അതിനെക്കുറിച്ചുള്ള വാർത്തകളുമൊക്കെ വന്ന് ക്കപ്പാടെ ഇടി വെട്ടിയവൻ്റെ തലയിൽ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞതുപോലെ ഒന്നിനു പുറമേ ഒന്നായിട്ട് അനർത്ഥങ്ങൾ വരുന്ന ഒരു സന്ദർഭമാണ് നമ്മളായിരിക്കുന്ന ഈ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴാണ് നടക്കുന്നത് ഇതിൻ്റെ മുമ്പാകെ നമുക്ക് ഇത്രയും സമാധാനത്തോടും സന്തോഷത്തോടും നമ്മുടെ ഭവനങ്ങളിൽ ഇരുന്ന് ദൈവത്തിൻ്റെ വചനത്തിന് ചുറ്റാകെ ആയിരിക്കാനിടയാക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് വളരെ പരിചിതമായ രണ്ട് വാക്യങ്ങളെ വായിക്കാം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ നാലാമത്തെ അധ്യായം അതിൻ്റെ ആറ് ഏഴ് വാക്യങ്ങളാണ് ഫിലിപ്പിയർ നാലിൻ്റെ ആറ് ഏഴ് വാക്യങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക എത്ര എന്നാൽ സകല ബുദ്ധിയേയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവെങ്കിലേ കാക്കും പ്രിയപ്പെട്ടവർ പൗലോസ് താന് ഫിലിപ്പ്യർക്ക് ലേഖനം എഴുതുമ്പോൾ താന് പറയാണ് നിങ്ങൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് നമ്മളോട് ദൈവം പറഞ്ഞിരിക്കുന്ന ഈ കാര്യം നമുക്ക് പ്രയാസങ്ങളുടെയും വിചാരപ്പെടാനായിട്ടുള്ള സാധ്യതകളുള്ള ഒരു സന്ദർഭത്തിലുമാണ് ദൈവത്തിൻ്റെ ഒരു കൽപ്പനയായിട്ട് നമ്മൾ എടുക്ക എടുക്കേണ്ടത് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് ഒരു കൽപ്പന പോലെ അവിടെ ഒരു ഫുൾ സ്റ്റോപ്പിൽ അങ്ങ് അവസാനിക്ക് ഒന്നിനെക്കുറിച്ചും ഏതെങ്കിലും ചില കാര്യങ്ങളെക്കുറിച്ച് വിചാരപ്പെടാമെന്നല്ല ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അത് വിചാരപ്പെടാൻ സാധ്യതയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് ദൈവത്തിൽ നിന്നുള്ള ഒരു കൽപ്പനയായിട്ട് നമുക്കെടുക്കാം ഒരു ദൈവഭൃത്യൻ പറഞ്ഞിരിക്കുന്നത് വിചാരപ്പെടലും ദൈവത്തിലുള്ള ആശ്രയവും പരസ്പരവിരുദ്ധമാണ് എന്നുവെച്ചാൽ വിചാരപ്പെടൽ വന്നാൽ ദൈവത്തിലുള്ള ആശ്രയവും ഇല്ലാതെ പോകും ദൈവത്തിലുള്ള യഥാർത്ഥത്തിലുള്ള ആശ്രയം ഉണ്ടെങ്കിൽ അവിടെ വിചാരപ്പെടൽ നിന്ന് സ്ഥാനമില്ല അപ്പം ഇത് രണ്ടും പരസ്പരവിരുദ്ധമാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നു വിചാരപ്പെടരുത് എന്ന് പറഞ്ഞിട്ട് ആശ്രയത്വത്തെക്കുറിച്ചാണ് തുടർന്ന് പറയുന്നത് എല്ലാറ്റിലും ഏത് കാര്യത്തിലും ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കുകയാണ് വേണ്ടത് കണ്ടോ നമ്മളിവിടെ പറയുന്നു നമ്മളെ വിചാരപ്പെടരുത് അതിന് ദൈവത്തിൽ ആശ്രയിക്കുകയാണ് വേണ്ടത് നമ്മൾ പറഞ്ഞു വിചാരപ്പെടലും ആശ്രയത്വവും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് എന്ന് നമ്മൾ പറഞ്ഞു പ്രിയപ്പെട്ടവര് വിചാരപ്പെടരുത് എന്ന ഫിലിപ്പിയർക്ക് ഇവിടെ ലേഖനം എഴുതുമ്പോൾ അത് കേവലം പൗലോസ് താനായിട്ടങ്ങ് പറയുന്ന ഒരു കാര്യമല്ല കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നിന്ന് എടുത്തിട്ട് പൗലോസ് ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമായിട്ട് വിചാരപ്പെടരുത് എന്നുള്ളതിനെ നമുക്ക് എടുക്കാനായിട്ട് കഴിയും നമ്മൾ മത്ത എഴുതിയ സുവിശേഷം ആറാം അധ്യായത്തിൽ കർത്താവിൻ്റെ പർവ്വത പ്രസംഗത്തിൽ കർത്താവ് തന്നെ പറയുന്നുണ്ട് വിചാരപ്പെടരുത് വിചാരപ്പെടരുത് വിചാരപ്പെടരുത് എന്നാ പറയുന്നുണ്ട് അതിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം നോക്കുക നിങ്ങളുടെ ജീവനായിക്കൊണ്ടും നിങ്ങളുടെ ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത് എന്നവിടെ പറഞ്ഞിരിക്കുന്നു അതിൻ്റെ മുപ്പത്തി വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു നിങ്ങൾ എന്തുടുക്കും എന്ത് തിന്നും എന്ത് കുടിക്കും എന്തുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത് എന്നവിടെയും കർത്താവ് പറഞ്ഞിരിക്കുന്നു അതിൻ്റെ മുപ്പത്തിനാലാമത്തെ വാക്യത്തിൽ അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത് എന്നവിടെയും പറഞ്ഞിരിക്കുന്നു കണ്ടോ അപ്പോ കർത്താവ് മൂന്ന് വട്ടം വിചാരപ്പെടരുത് വിചാരപ്പെടരുത് വിചാരപ്പെടരുത് എന്ന് പറഞ്ഞിരിക്കുന്നു ഈ മൂന്ന് വിചാരപ്പെടലും മൂന്ന് കാര്യത്തോടുള്ള ബന്ധത്തിലായിട്ട് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം ഇവിടെ പറയുന്നത് എന്ത് തിന്നും എന്തുടുക്കും ജീവനായിക്കൊണ്ട് നമ്മൾ ഇന്നത്തെ നമ്മുടെ ഈ സംസ്ഥാനം പല പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സാമ്പത്തികമായ ഞെരുക്കവും ജോലി നഷ്ടവും കൊണ്ട് ഭാവിയിൽ എന്ത് തിന്നും എന്ത് കുടിക്കും എന്നുള്ള ആശങ്ക വരാം അതുകൊണ്ടിവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നു എന്ത് തിന്നും എന്ത് കുടിക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത് എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ട് വിചാരപ്പെടരുത് ഏഹ് ചിലരവരുടെ ഹെൽത്തിനെ കുറിച്ച് ആരോഗ്യത്തെക്കുറിച്ച് അതിനെക്കുറിച്ച് ഒന്ന് ഒന്നും വിചാരപ്പെടരുത് എന്നാണ് അതിൻ്റെ മുപ്പത്തി ഇരുപത്തി വാക്യത്തിൽ കർത്താവ് ആദ്യം പറയുന്നത് ഇരുപത്തി അഞ്ചാമത്തെ വാക്യം മൊത്തായി ആറിൻ്റെ ഇരുപത്തി വിചാരപ്പെടരുത് നമ്മള് നമ്മുടെ ജീവിതം എന്തായി തീരും അതിൻ്റെ ആത്യന്തികമായിട്ട് എന്തായി തീരും ജീവനായി കൊണ്ടും അതിനെക്കുറിച്ച് വിചാരപ്പെടരുത് അതിൻ്റെ മുപ്പത്തിയൊന്നില് വിചാരപ്പെടരുതെന്ന് പറയുമ്പോൾ അത് ദൈനംദിന ജീവിതത്തോട് ബന്ധപ്പെട്ട അവിടെ നിങ്ങൾ എന്താ ആകെയാൽ നാം എന്ത് തിന്നും എന്ത് കുടിക്കും എന്ത് കൊടുക്കും എന്ന് ഇങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത് നമ്മുടെ ദൈനംദിന ജീവിതത്തെ സംബന്ധിച്ച് നമ്മൾ വിചാരപ്പെടരുത് അതിൻ്റെ മുപ്പത്തിനാലിൽ വരുമ്പോൾ ഭാവിയെക്കുറിച്ച് നാളേക്കായി വിചാരപ്പെടരുത് കണ്ടോ എല്ലാ കാലഘട്ടത്തെയും ചേർത്ത് ഇന്നത്തെ ദിവസം വർത്തമാനകാലം ഭാവി അതുപോലെ നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ജോലി നഷ്ടം അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ചേർത്ത് കൊണ്ട് കർത്താവ് പറയുന്നു മത്തായി ആറിൻ്റെ ഇരുപത്തി അഞ്ചിലും മുപ്പത്തി ഒന്നിലും മുപ്പത്തി നാലിലും മൂന്ന് വട്ടം കർത്താവ് പറഞ്ഞിരിക്കുന്നു വിചാരപ്പെടരുത് എന്ന് പറഞ്ഞിരിക്കുന്നു ആ കാര്യമാണ് പൗലോസ് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത് കർത്താവ് വിചാരപ്പെടരുതെന്ന് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത് പത്തായി എഴുതിയ സുവിശേഷം അത് അതിൻ്റെ പത്താമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മളവിടെ കർത്താവ് ഭയപ്പെടരുതെന്നും മൂന്ന് വട്ടം പറഞ്ഞിട്ടുണ്ട് കണ്ടോ പത്തായി എഴുതിയ സുവിശേഷം പത്താം അധ്യായം അതിൻ്റെ ഇരുപത്തിയാറാമത്തെ വാക്യം ഭയപ്പെടേണ്ട ഇരുപത്തി എട്ടാമത്തെ വാക്യം ഭയപ്പെടണ്ട അതിൻ്റെ മുപ്പത്തി വാക്യം ഭയപ്പെടണ്ട നമ്മൾ ആ ഭാഗങ്ങൾ നോക്കുക ഇരുപത്തി ആറ് ഇരുപത്തിയെട്ട് അതുപോലെ തന്നെ മുപ്പത്തിയൊന്ന് ഈ മൂന്ന് വാക്യങ്ങൾ നോക്കുമ്പോൾ അവിടെയും മൂന്ന് വട്ടം എന്ന് പറഞ്ഞിരിക്കുന്നു ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്നത് കർത്താവ് തന്നെ വിചാരപ്പെടരുതെന്ന് മൂന്ന് വട്ടം മത്തായി ആറിൽ പറഞ്ഞിരിക്കുന്നു ഭയപ്പെടരുതെന്ന് മത്തായി പത്തിൽ മൂന്ന് വട്ടം പറഞ്ഞിരിക്കുന്നു ഈ കാര്യങ്ങൾ നമ്മൾ ഓർക്കുക നമുക്ക് ഫിലിപ്പർ കെഴുതിയ ലേഖനം നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് മടങ്ങി അവിടെ വിചാരപ്പെടരുത് എന്ന് പറഞ്ഞിട്ട് ദൈവത്തിൽ ആശ്രയിക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് എന്താ ദൈവത്തിൽ ആശ്രയിക്കുന്നത് എങ്ങനെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഒന്നിനെ വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോടെ അറിയിക്കുക എത്രയാണ് വേണ്ടത് ഇവിടെ ദൈവത്തിൽ ആശ്രയിക്കുന്നത് പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും സ്തോത്രത്തിലൂടെയുമാണ് ഇവിടെ കണ്ടോ ദൈവത്തിൻ്റെ മുമ്പാകെയുള്ള നമ്മുടെ പ്രാർത്ഥനയെ മൂന്നായിട്ട് തിരിച്ച് പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥന അപേക്ഷ സ്തോത്രം പ്രാർത്ഥനയെന്ന് പറയുന്നത് പൊതുവായ പ്രാർത്ഥന എന്ന് വേണമെങ്കിൽ പറയാം അപേക്ഷയെന്ന് പറഞ്ഞാലോ എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയുള്ള ഒരു സപ്ലിക്കേഷനാണ് കണ്ടോ ഒടുവിലായിട്ട് അത് സ്തോത്രം നന്ദി അപ്പം മൂന്ന് തരത്തിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു പൊതുവായ പ്രാർത്ഥനയുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ അകത്തൊരു പ്രത്യേകമായ നമ്മുടെ ആവശ്യത്തോട് ബന്ധപ്പെട്ട ഒരു അപേക്ഷയുണ്ട് അതുപോലെ അതൊരു സ്തോത്രം വേണം ഒരു നന്ദി വേണം നന്ദി എന്തിലാണ് ഉണ്ടാകേണ്ടത് സ്തോത്രം എന്തിലാണ് താങ്ക്സ് ഗിവിങ് ഏതിലാണ് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമ്മളെ നടത്തിയ വിധങ്ങളെ ുമ്പോഴാണ് നമുക്ക് ഒരു നന്ദി ഉണ്ടാകേണ്ടത് ഈ കാര്യങ്ങളെല്ലാം ദൈവത്തോട് അറിയിക്കുക വേണ്ടത് ദൈവത്തോട് ദൈവത്തോടെന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ ഒരു വേർഷനല്ലേ വിത്ത് ഗോഡ് ദൈവത്തോട് അറിയിക്കുക ദൈവത്തിന് ഇതെല്ലാം അറിയാമല്ലോ ദൈവത്തിന് ഇതെല്ലാം അറിയാം അപ്പൊ ദൈവത്തോട് അറിയിക്കുക എന്ന് വെച്ചാൽ ദൈവത്തിന് ഇതെല്ലാം അറിയാവുന്ന ദൈവത്തോട് നമ്മൾ ചേർന്ന് നിൽക്കുക എന്നാണ് ഒരു കൂട്ടായ്മയാണ് അതവിടെ കാണിക്കുന്നത് ചുരുക്കത്തിൽ പ്രിയപ്പെട്ടവരേ നമ്മളെ ചിന്തിച്ചത് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് വിചാരപ്പെടരുതെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു ഭയപ്പെടരുതെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് നമ്മൾ എന്ത് വേണം ഇതിന് പ്രതിവിധിയായിട്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ഒന്ന് പ്രാർത്ഥന അപേക്ഷ സ്തോത്രം പ്രാർത്ഥന പൊതുവായ പ്രാർത്ഥന പ്രത്യേകമായ അപേക്ഷ നന്ദിയോടെ ഒരു സ്തോത്രത്തോടെ വേണം ഈ കാര്യങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് നമ്മളെ സങ്കീർത്തനങ്ങളിലൊക്കെ എങ്ങനെ വായിക്കുന്നല്ലോ കഴിഞ്ഞ കാലങ്ങളിൽ അവരെ നടത്തിയ കാര്യങ്ങൾ ഓർത്ത് ഞങ്ങളെ നടത്തിയവനെ എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ ദയെന്നേക്കുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ അവരെ മരുഭൂമിയിലൂടെ നടത്തിയവന് അവൻ്റെ ദയെന്നേക്കുള്ളത് ഇങ്ങനെ അവരെ നടത്തിയ വിധങ്ങളെ കഴിഞ്ഞ കാലങ്ങളെ തിരിഞ്ഞു നോർക്കി നന്ദിയോടെ സ്ത്രോത്രമർപ്പിച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ പ്രാർത്ഥനകളും അപേക്ഷകളും ദൈവസന്നിധിയിൽ വെക്കേണ്ടത് അങ്ങനെ വയ്ക്കുമ്പോൾ നമ്മുടെ വിചാരപ്പെടല് മാറിപ്പോവും നമ്മൾ മനുഷ്യരെന്നുള്ള നിലയിൽ നമുക്ക് ചിലപ്പോൾ വിചാരം വരാം പക്ഷെ പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രത്തോടെ നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ ദൈവത്തോടുള്ള ഫെലോഷിപ്പിൽ ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവത്തോട് പറയുക ഈ കാര്യങ്ങള് പ്രാർത്ഥനയും അപേക്ഷയും സ്തോത്രം എന്ന് പറയുമ്പോൾ വാച്ച്മാൻ എന്ന് പറയുന്ന ദൈവൃത്തേനൊരു രസകരമായ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഒരിക്കലെ ഒരു ഒരു കെട്ടിടം പണി കണ്ടുകൊണ്ടിരിക്കുക കെട്ടിടം പണി കണ്ടപ്പോൾ താഴെ നിന്ന് ഒരു സാധനം എടുത്ത് മുകളിലോട്ടിട്ടു അതിൻ്റെ നടുക്ക് നിന്ന ആൾ അത് പിടിച്ചു ആ പിടിച്ചിട്ട് അദ്ദേഹം അത് അതിൻ്റെ മേളത്തെ നിലയിലേക്ക് ഇട്ടു അപ്പോൾ മോളിൽ പണി ചെയ്യുന്ന ആളത് പിടിച്ചു ഇത് കണ്ടപ്പോൾ താഴേന്ന് മേളിലോട്ട് ഇടുന്നു നടുക്കത് പിടിക്കുന്നു നടുക്കൂന്ന് മുകളിലിടുന്നു മേളിൽ നിൽക്കുന്ന ആൾ പിടിക്കുന്നു ആ സാധനം അവസാനം പണി നടക്കുന്ന മേളത്തെ ആ മട്ടുപ്പാവിൽ ആ ആ സാധനം ഇടുന്നു ഇത് കണ്ടപ്പോൾ അദ്ദേഹം ഓർത്തു പ്രാർത്ഥന അപേക്ഷ സ്തോത്രം താഴേന്ന് മുകളിലോട്ടിടുന്നു പ്രാർത്ഥന അപേക്ഷ നടുക്കുപിടിക്കുന്നു സ്തോത്രം ഏറ്റവും മുകളിൽ പ്രാർത്ഥന അപേക്ഷ സ്തോത്രം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും പ്രാർത്ഥനയോടെ അപേക്ഷയോടെ സ്തോത്രത്തോടെ നമ്മുടെ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ അർപ്പിക്കാം അപ്പോ നമ്മുടെ വിചാരപ്പെടൽ മാറിപ്പോകും ഇത് ദൈവത്തിന്റെ ഒരു കല്പനയാണ് നമുക്ക് ഗൗരവമായിട്ട് ഈ കാര്യത്തെ എടുക്കാം നാം പറഞ്ഞത് നമ്മളെ വിചാരപ്പെടാതെ ഭയപ്പെടാതെ പ്രാർത്ഥന അപേക്ഷാ സ്തോത്രം എന്നീ നിലയിൽ മുകളിലേക്ക് മുകളിലേക്ക് നമ്മുടെ ആവശ്യങ്ങളെ മുകളിലേക്ക് കൊടുക്കണം അപ്പോൾ നമ്മുടെ വിചാരപ്പെടൽ മാറിപ്പോകും എന്നാണ് നമ്മൾ പറഞ്ഞത് അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ ഏഴാമത്തെ വാക്യം അങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കും നമ്മൾ അങ്ങനെ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിച്ചാൽ എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവിങ്കൽ കാക്കും ഇവിടെ കണ്ടോ ദൈവത്തിൻ്റെ സമാധാനം അപ്പോൾ നമ്മുടെ ഹൃദയത്തേ വരും നമ്മളീ വിചാരപ്പെടാതെ ഭയപ്പെടാതെ ദൈവത്തിൽ പ്രാർത്ഥനയോടെ അപേക്ഷയോടെ സ്തോത്രത്തോടെ ആശ്രയിക്കുമ്പോൾ ദൈവസമാധാനം നമ്മുടെ ഹൃദയത്തേ വരും അതിൻ്റെ നാലാമത്തെയ ഒൻപതാമത്തെ വാക്യം കണ്ടോ അവിടെ പറഞ്ഞേക്കുന്ന സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോടുകൂടെയിരിക്കും ദൈവത്തിൻ്റെ ഒരു പേരാ സമാധാനത്തിൻ്റെ ദൈവം സർവശക്തനായ ദൈവം എന്ന് പറയുന്ന പോലെ സമാധാനത്തിൻ്റെ ദൈവം ീ നമ്മുടെ ദൈവം സമാധാനത്തിന്റെ ദൈവമാണ് കാര്യം കർത്താവിന് ദൈവത്തിന് വലിയവനായ ദൈവത്തിന് സർവജ്ഞനായ ദൈവത്തിന് ഒന്നും മറവായിരിക്കുന്നില്ല തന്നെ അത്ഭുതപ്പെടുത്താൻ തൻ്റെ സമാധാനത്തെ വഞ്ചിക്കാൻ ഈ ലോകത്ത് നടക്കുന്ന ഒരു കാര്യത്തിനും കഴിയുകയില്ല അതുകൊണ്ട് ദൈവം സമാധാനത്തിൻ്റെ ദൈവമാണ് ആ ദൈവം ദൈവീകമായ സമാധാന സകലബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം അത് നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുങ്കൾ കാക്കും നമുക്കത് തരും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവസമാധാനമാണ് അല്ലാതെ താൽക്കാലികമായിട്ട് നമ്മൾ ചിന്തിച്ചുണ്ടാക്കുന്ന സമാധാനമല്ല ദൈവസമാധാനം ആ ദൈവസമാധാനം തരുന്നതാരാ നാലിൻ്റെ ഒൻപതിൽ സമാധാനത്തിൻ്റെ ദൈവം തന്നെയാണ് തരുന്നത് എന്നിട്ട് ആ സമാധാനം എന്തു ചെയ്യും അത് സകല ബുദ്ധിയേയും കവിയും ബുദ്ധിപരമായിട്ട് ചിന്തിച്ചാൽ നമുക്ക് സമാധാനം ലഭിക്കാനായിട്ട് പലപ്പോഴും ഒക്കുകയില്ല നമ്മളിപ്പോൾ തന്നെ ചിന്തിക്കുക ഇതൊക്കെ എന്നു മാറും ഇതിനെ ഒരു വാക്സിൻ എന്ന് കണ്ടുപിടിക്കും എന്നൊക്കെ നമ്മൾ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ അത് എന്ത് എന്തില്ല നമുക്ക് ഒരു സമാധാനം കിട്ടുകയില്ല അതുകൊണ്ടാണ് ഇവിടെ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം എന്ന് പറയുന്നത് ചില പാഠങ്ങളിലൂടെ ഒക്കെ നമ്മൾ നടക്കുമ്പോൾ അതിൻ്റെ വരമ്പുകളൊക്കെ തെളിഞ്ഞു നിൽക്കും ആ വരമ്പുകളിലൂടെ ഒക്കെ നമുക്ക് നടക്കാം എന്നാൽ വെള്ളം പൊങ്ങിക്കഴിയുമ്പോൾ വെള്ളം കയറി കഴിയുമ്പോൾ ഈ വരമ്പുകളെ ഒന്നും കാണുകയില്ല ഈ സകലബുദ്ധി എന്ന് പറയുന്നതാണ് ഈ വരമ്പുകളെന്ന് വിചാരിക്കുക ആ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനത്തിൻ്റെ വെള്ളം വന്നു കഴിയുമ്പം ആ ബുദ്ധിയൊന്നും പിന്നെ കാണുക ബുദ്ധിയെല്ലാം ആ സമാധാനത്തിൻ്റെ അടിയിൽ പോകും വെള്ളത്തിൻ്റെ അടിയിൽ വരമ്പുകൾ അങ്ങ് അങ്ങില്ലാ കാണാതെ പോകുന്നത് പോലെ സകല കവിഞ്ഞു വരുന്ന ദൈവസമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ഹൃദയം നിലവെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഹൃദയം എന്ന് പറയുന്നത് നമ്മുടെ വികാരങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത് നിലവെന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്തകളെയാണ് ഏ തോട്ട്സ് റീസണിങ് ഇവയൊക്കെയാണ് ഈ സമാധാനം കാക്കുന്നത് എന്തുകൊണ്ടാണ് ഹൃദയങ്ങളെയും നിലവുകളെയും സമാധാനം കാക്കേണ്ടി വരുന്നത് കാരണം നമ്മൾ ഒരു പ്രയാസം വരുമ്പം ബുദ്ധി വരുമ്പം ബുദ്ധി കൊണ്ടൊക്കെ ചിന്തിക്കുമ്പം നമ്മുടെ മനസ്സിൽ അസ്വസ്ഥത വരും ഹൃദയത്തിലും അസ്വസ്ഥത വരും അതുകൊണ്ട് ഹൃദയങ്ങളെയും മനസ്സുകളെയും കവിയുന്നതായിരിക്കണം സകലബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം അങ്ങനെയാണ് നമ്മൾ വരണ്ടത് നമ്മൾ വാഴണ്ടത് എന്നവിടെ പറഞ്ഞിരിക്കുന്നു കണ്ടു അവിടെ ശ്രദ്ധിച്ചോ അവിടെ പറഞ്ഞേക്കുന്നത് നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ഈ സമാധാനം കാക്കും അപ്പോൾ നമ്മുടെ മനസ്സിൽ നമുക്ക് സമാധാനം ഉണ്ടാകണം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സമാധാനമുണ്ടാകണം നമ്മൾ യശയ്യാവിൻ്റെ പുസ്തകം ഇരുപത്തി ആറിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വച്ചിരിക്കാൽ നിന്നെ അവൻ നിന്നെ സമാധാനത്തിൽ എന്നാണ് നമ്മൾ യശയ്യാവ് ഇരുപത്താറിൻ്റെ മൂന്നിൽ പറഞ്ഞിരിക്കുന്നത് സ്ഥിരമാനസെന്ന് അപ്പം മനസ്സിനെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് സ്ഥിരമാനസനെ ദൈവം എന്തോ ചെയ്യും സമാധാനത്തിൽ കാക്കും സമാധാനത്തിൽ കാക്കും എന്നാൽ എശ്യാവ് ഒമ്പതിൻ്റെ ഒന്നിൽ അവിടെ ഒൻപതിൻ്റെ ഒന്നിൽ നമ്മൾ മലയാളത്തിൽ വായിച്ചാൽ കഷ്ടത്തിലിരുന്ന ദേശത്തിന് തിമിരം എന്നാണ് വായിക്കുന്നത് എന്നുവെച്ചാൽ ഒൻപതിൻ്റെ ഒന്നാമത്തെ വാക്യം ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ദർ വിൽ ബി നോ മോർ ഗ്ലൂം ഫോർ ഹൂസ് ലാംഗ്വിഷ് എന്നാണ് അതായത് കഷ്ടതയിലിരിക്കുന്ന ദേശത്തിന് ഇതാ ദൈവം ഒരു ഒരു സമാധാനത്തിൻ്റെ സന്ദേശം നൽകുക എന്താ നിങ്ങളുടെ കഷ്ടതയിലിരുന്ന ദേശത്തിന് തിമിരം നിലനിൽക്കുകയില്ല അത് നിൽക്കുകയില്ല നോമോർ ഗ്ലൂ പ്രിയപ്പെട്ടവർ നമ്മളിപ്പോൾ ഒരു കഷ്ടതയിലിരിക്കുക ആ കഷ്ടതയിലിരിക്കുമ്പം നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു ആശങ്കയും ഒരു ഗ്ലൂമും അല്ലെങ്കിൽ വേറൊരു വേർഷനിൽ ഡിംനെസ് എന്നാണ് കാണുന്നത് അങ്ങനെ ഒരു മൊത്തത്തിൽ ഹൃദയത്തിൽ ഒരു സന്തോഷമില്ലാത്ത അവസ്ഥ വരാം പക്ഷേ ദൈവത്തിൻ്റെ വാഗ്ദാനം ചെയ്യുക ഒമ്പതിൻ്റെ ഒന്നിൽ എന്നാ ഒൻപതിൻ്റെ ഒന്നിലെന്താണ് പറയുന്നത് കഷ്ടതയിലിരിക്കുന്ന ദേശത്തിന് ഇനിയും ആ ഗ്ലൂമ് അല്ലെങ്കിൽ ഡിംനസ് അല്ലെങ്കിൽ തിമിരം ഇനിയും നിൽക്കയില്ല കണ്ടോ അപ്പം നമ്മുടെ ഹൃദയത്തിൽ നിന്നും ആശങ്കയെടുത്ത് മാറ്റുന്നതായിട്ടാണ് പറയുന്നത് നമ്മളിവിടെ പറഞ്ഞത് നമ്മുടെ ദൈവസമാധാനം നമ്മുടെ മനസ്സിനെ കവിയണം യഷ്യാവില് നമ്മള് വായിച്ചത് ഇരുപത്തി ആറിന്റെ മൂന്നില് സ്ഥിരമാനസന് നിന്നിൽ ആശ്രയം വെച്ചിരിക്കാൻ അവനെ സമാധാനത്തില് മാനസൻ അവന്റെ മനസ്സിനെ കാക്കും സമാധാനത്തേക്കാക്കും ഏഷ്യാവ ഒമ്പതിൻ്റെ ഒന്നിൽ പറഞ്ഞത് നോമോർ ഗ്ലൂം ഗ്ലൂമും ഡിംനസും ഒക്കെ ഹൃദയത്തിലാണ് വരുന്നത് അതിനെ ദൈവം ഇനി അത് നിലനിൽക്കുകയില്ല കാരണം ദൈവത്തിന്റെ സമാധാനം ീ ഇതിനെല്ലാം കവിയുന്നതായിട്ട് അതുപോലെ തന്നെ ഈ നിലയില് നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവിൽ സമാധാനത്തില് കാക്കും കൊലോസിയർ മൂന്നിൻ്റെ പതിനഞ്ചില് നമ്മളെ കാണുന്നുണ്ടല്ലോ സമാധാനത്തില് ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ വാഴട്ടെ സമാധാനം അവിടെ കാക്കട്ടെ കാക്കട്ടെ അവിടെ നമ്മൾ വായിക്കുന്നത് വായിക്കുമ്പോൾ അത് കാക്കട്ടെ എന്നാണ് ഇംഗ്ലീഷിൽ അത് നമ്മൾ വായിക്കുന്നത് അപ്പോൾ സമാധാനം ഒരു ഒരു സെൻട്രിയെപ്പോലെ ഒരു കാവൽക്കാരനെപ്പോലെ നമ്മുടെ ഹൃദയത്തെ കാക്കട്ടെ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഹൃദയത്തെ എന്ന് പറയുമ്പോൾ കേവല ഹൃദയം മാത്രമല്ല നമ്മുടെ റീസണിങ് നമ്മുടെ മനസ്സിനെയും അത് കാക്കട്ടെ അത് എങ്ങനെയാണ് കാക്കാൻ കഴിയുന്നത് ആ വാക്യത്തിൽ തന്നെ അത് പറയുന്നുണ്ട് ഇൻ ക്രൈസ്റ്റ് ജീസസ് കറു ക്രിസ്തുവേശുവിൽ കാക്കും പ്രിയപ്പെട്ടവരെ നമ്മൾ തന്നെ ഇതെല്ലാം ഊന്നി നിന്നാൽ നമുക്ക് നമ്മുടെ ഹൃദയത്തെയും നിലവിനേയും സമാധാനത്തെയും കാക്കാനായിട്ട് ഒക്കുകയില്ല പക്ഷെ എവിടെ ആ കാക്കുന്നത് ഇൻ ക്രൈസ്റ്റ് ജീസസ് കണ്ടോ അപ്പം നമ്മളിവിടെ പറഞ്ഞത് നമ്മളിവിടെ പറഞ്ഞത് നമ്മൾ സകലബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം ദൈവ ദൈവമാണ് ആ സമാധാനത്തിൻ്റെ ദൈവം ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ നമുക്ക് സമാധാനം കിട്ടുകയല്ല അതുകൊണ്ട് ബുദ്ധിയെ ദൈവസമാധാനം കവി എന്നിട്ട് എന്തോ ചെയ്യും നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും നമ്മുടെ മനസ്സിനെ മാത്രമല്ല സ്ഥിരമാനസൻ കർത്താവിൽ ആശ്രയം വെച്ചിരിക്കാൽ അവൻ്റെ മനസ്സിനെ സമാധാനത്തിൽ കാക്കും അതുപോലെ തന്നെ അവൻ്റെ ഹൃദയത്തെയും കാക്കും ആ കഷ്ടതയിലിരിക്കുന്ന ജനത്തിൻ്റെ ആ നിലയിലുള്ള ആശങ്കകളെ ഇനി നൽകുകയില്ല അതിനെ മാറ്റിക്കളയും അപ്പോൾ ഹൃദയത്തെയും മനസ്സിനെയും ദൈവസമാധാനത്തിലേക്കാക്കും സമാധാനത്തേക്കാക്കുമെന്ന് മാത്രമല്ല അതൊരു സെൻട്രിയെപ്പോലെ ഒരു കാവൽക്കാരനെപ്പോലെ കൊലോസിയർ മൂന്നിൻ്റെ പതിനഞ്ചിൽ നമ്മൾ വായിക്കുന്ന സമാധാനത്തിൻ്റെ ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ ഒരു കാവൽക്കാരൻ തോക്കുപിടിച്ച് നിൽക്കുന്നത് പോലെ ആ സമാധാനം നമ്മുടെ ബുദ്ധിയെയും ഹൃദയത്തെയും നിലവിനെയും എല്ലാം സൂക്ഷിക്കും എവിടെ സൂക്ഷിക്കും കർത്താവായി യേശു ഇൻ ക്രൈസ്റ്റ് ജീസസ് ക്രിസ്തുവേശുവിലാണ് അല്ലാതെ നമ്മുടെ ചില തോന്നലുകളിലല്ല നമ്മുടെ തോന്നലുകളിൽ നിന്നാൽ പിന്നെയും അസമാധാനം വരും അതുകൊണ്ട് കർത്താവുണ്ട് ക്രിസ്തുവേശുവിൽ ആണ് ഇത് നമ്മളെ കാക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിച്ചത് ഒന്നിനെക്കുറിച്ച് നമ്മൾ വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും ആവശ്യങ്ങളെ സ്തോത്രത്തോടെ ദൈവത്തോടെ അറിയിച്ചാൽ ദൈവ സകലബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുമെങ്കിൽ കാക്കും നമ്മൾ ഇന്ന് കടന്നു പോകുന്ന ഈ സാഹചര്യത്തോടുള്ള ബന്ധത്തിൽ ലോകമനുഷ്യരൊക്കെയും പരിഭ്രാന്തരായിരിക്കുമ്പോൾ നമുക്ക് വിചാരപ്പെടാനായിട്ടില്ല കാരണം നമുക്ക് സമാധാനത്തിൻ്റെ ഒരു ദൈവമുണ്ട് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും സമാധാനത്തിൽ കാക്കുന്ന ക്രിസ്തുവേശുവും നമുക്കുണ്ട് ഇത് ഈ കാര്യങ്ങൾ ഉള്ളതിനാൽ നമുക്ക് സകല ബുദ്ധിയേയും കവിയുന്ന ദൈവസമാധാനത്തിൽ നമ്മളെ തന്നെ സൂക്ഷിക്കാനായിട്ട് കഴിയും അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത് വിചാരങ്ങൾ വരാം ആശങ്കകൾ വരാം പക്ഷെ അവയെ തള്ളിക്കളഞ്ഞ് പ്രാർത്ഥന അപേക്ഷ സ്തോത്രം നന്ദി ഇവയോടെ കാര്യങ്ങളെ ദൈവത്തോട് അറിയിക്കുക ദൈവം അപ്പോൾ നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവിൽ കാക്കും ഇതാണ് ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനമാണ് നമ്മളോട് ചിലത് ചെയ്യരുതെന്ന് പറഞ്ഞേച്ച് അതിൻ്റെ കൂടെ ഏഴാമത്തെ വാക്യത്തിൽ വാഗ്ദാനം തരിക അങ്ങനെയുണ്ടെങ്കിൽ ക്രിസ്തുവേശുവിങ്കൽ കാക്കും എന്നാണ് ആ വാഗ്ദാനം നമുക്ക് നമ്മുടെ ഭാഗത്ത് ചെയ്യേണ്ടത് ചെയ്യാം ദൈവിക വാഗ്ദാനത്തെ നമുക്ക് മുറുക പിടിക്കുകയും ചെയ്യാം നമ്മൾ ഫിലിപ്പിയർ നാലിൻ്റെ ഏഴിൽ കണ്ടത് ദൈവസമാധാനം ക്രിസ്തുവേശുവിങ്കൽ നമ്മളെ കാക്കും എന്നാണ് നമ്മൾ കണ്ടത് ഇൻ ക്രൈസ്റ്റ് ജീസസ് ഇൻ ക്രൈസ്റ്റ് ജീസസ് എന്ന ഈ പ്രയോഗം ഇതേ പാരഗ്രാഫിൽ തന്നെ തുടക്കത്തിൽ നമുക്ക് കാണാൻ കഴിയും അതെവിടെയാണ് നാല് അഞ്ച് വാക്യങ്ങൾ ഫിലിപ്പിയർ നാലിൻ്റെ നാലേ അഞ്ചാം വാക്യങ്ങൾ കർത്താവിലെപ്പോഴും സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു കണ്ടോ ഇവിടെ ഇവിടെയും സന്തോഷിപ്പീൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു സമാധാനം ക്രിസ്തുവേശുവെങ്കിലാണെന്ന് പറഞ്ഞതുപോലെ ഇവിടെ സന്തോഷമെന്ന് പറഞ്ഞേക്കുന്നത് ഏതിലാണ് ഇൻ ദ ലോഡ് കർത്താവിലാണ് കണ്ടോ എപ്പോഴും സന്തോഷിപ്പീൻ എന്നാ പറഞ്ഞിരിക്കുന്നു അത് കർത്താവിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സാഹചര്യത്തിലല്ല നമുക്ക് സമാധാനം ക്രിസ്തുവിലാണ് സന്തോഷവും ക്രിസ്തുവിലാണ് കണ്ടോ ഇവിടെ പൗലോസ പറഞ്ഞിരിക്കുക കർത്താവിലെപ്പോഴും സന്തോഷിപ്പീൻ താനിത് പറയുമ്പോൾ സന്തോഷിക്കാവുന്ന ഒരു സാഹചര്യത്തിലല്ല താനായിരിക്കുന്നത് താനൊരു കാരാഗ്രഹത്തേക്ക് കിടക്കുക തൻ്റെ വിധി എന്താകും എന്ന് തനിക്ക് ആശങ്കയുണ്ട് സ്വാഭാവികമായിട്ട് കാരാഗ്രഹത്തിൽ കിടക്കുന്ന ഒരാൾ പറയുന്ന വാക്കുകളല്ല എപ്പോഴും സന്തോഷിപ്പീൻ എന്നുള്ളത് പക്ഷെ പൗലോസ് ഇവിടെ പറയുക കാര്യാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് പറയുക എപ്പോഴും സന്തോഷിപ്പീൻ എങ്ങനെയാ തനിക്കത് പറയാൻ കഴിയുന്നത് തീർച്ചയായിട്ടും അത് കർത്താവിലായത് കൊണ്ട് ഇൻ ദ ലോഡ് കർത്താവിലാണ് തൻ്റെ സന്തോഷം വെച്ചേക്കുന്നത് കർത്താവിലാണ് ക്രിസ്തുവേശുവെങ്കിലാണ് തൻ്റെ സമാധാനം വച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് തനിക്ക് അങ്ങനെ പറയാനായിട്ട് കഴിയുന്നത് പ്രിയപ്പെട്ടവരെ സാഹചര്യത്തിലല്ല സന്തോഷം വച്ചേക്കുന്നത് ഫിലിപ്പർ കെതി ലേഖനം രണ്ടാമത്തെ ആയ അതിൻ്റെ പതിനേഴാമത്തെ വാക്യം നോക്കുക പതിനേഴ് പതിനെട്ട് വാക്യങ്ങളിൽ പൗലോസ് തന്നെ പറയുക ഞാൻ നിങ്ങളുടെ വിശ്വാസമെന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എൻ്റെ രക്തമൊഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും നിങ്ങളോട് എല്ലാവരോടും കൂടെ സന്തോഷിക്കും അങ്ങനെ തന്നെ നിങ്ങളും സന്തോഷിപ്പി എന്നോടുകൂടെ സന്തോഷിപ്പി കണ്ടോ എത്ര വട്ടമാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നാലോ അഞ്ചോ വട്ടം അവിടെ സന്തോഷിപ്പീനെന്ന് പറഞ്ഞിരിക്കുന്നു ആ സന്തോഷിക്കേണ്ട സാഹചര്യം എന്താ രക്തമൊഴിക്കേണ്ടി വന്നാലും എന്ന് എന്ന് വെച്ചാൽ നീറോ ചക്രവർത്തി തലവിട്ടി എൻ്റെ രക്തമൊഴിക്കേണ്ടി വന്നാൽ സന്തോഷിക്കും തലവിട്ടുമ്പോൾ രക്തം ഒലിക്കുമ്പോൾ സന്തോഷിക്കാവുന്ന സാഹചര്യമാണോ അല്ല അല്ല അല്ല നമുക്കറിയാം എങ്കിലും അവിടെ എന്താ സന്തോഷിക്കുമെന്ന് പറഞ്ഞേക്കുന്നത് കാരണം ആ സാഹചര്യത്തിലല്ല പൗലൂസ് തൻ്റെ സന്തോഷം വെച്ചേക്കുന്നത് നമ്മളെ ഫിലിപ്പർ നാലിൻ്റെ നാലില് വായിച്ചതുപോലെ കർത്താവിലാണ് തൻ്റെ സന്തോഷം വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് താൻ പറയാൻ കഴിഞ്ഞത് രക്തം ഒഴുക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും സന്തോഷിക്കുക എന്ന് പറയുന്നത് ഒരു നിലപാടാണ് അല്ലാതെ നമ്മുടെ വികാരത്തിലല്ല ഒരു ക്രിസ്തീയ സന്തോഷം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ടല്ലോ കർത്താവ് ഏറ്റവും സന്തുഷ്ടനായ മനുഷ്യനായിരുന്നു ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള ആൾ കർത്താവായിരുന്നു എന്ന് നമ്മൾ പറയാറുണ്ട് അങ്ങനെ പറയുമ്പോൾ ചിലർ ചോദിക്കും അങ്ങനെ ആണെങ്കിൽ കർത്താവ് കരഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ആ ലാസറിൻ്റെ കല്ലറൊക്കെ അവനെ ദുഃഖിച്ചെന്ന് പറഞ്ഞു ഗസ്വനെ തോട്ടത്തിൽ താൻ വിഷമിച്ചെന്ന് പറഞ്ഞു അപ്പോൾ അതോ കർത്താവ് എപ്പോഴും സന്തുഷ്ടനായിരുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെയും നമുക്കതിങ്ങനെ പറയാം കർത്താവിൻ്റെ നിലപാട് പിതാവിൽ താൻ തൻ്റെ സന്തോഷം വച്ചിരുന്നു അതായിരുന്നു തൻ്റെ നിലപാട് പക്ഷേ വൈകാരികമായ തലത്തിൽ ചില സാഹചര്യങ്ങളോടുള്ള ബന്ധത്തിൽ മനുഷ്യനെന്നുള്ള നിലയിൽ താൻ അതിനോട് ചിലപ്പോഴ് അതിനോടുള്ള പ്രതികരണമെന്നുള്ള നിലയിൽ കരയേണ്ടടുത്ത് കരഞ്ഞിട്ടുണ്ടാവാം നമ്മളും കർത്താവിലാണ് വിശ്വാസികളാണ് അതുകൊണ്ട് നമ്മൾ ആരും കരയരുത് ഒന്നും ഒരിക്കലും എന്നല്ല നമ്മൾ പറയുന്നത് പക്ഷെ ആത്യന്തികമായിട്ട് കർത്താവിലുള്ള നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് അതൊരു നിലപാടാണ് ആ നിലപാടിൽ നമ്മൾ നിൽക്കണം ചില സാഹചര്യത്തിൽ ചിലപ്പോൾ വൈകാരികമായിട്ട് ചിലപ്പോൾ ഒരു കാര്യം വന്നാലും ആത്യന്തികമായിട്ട് നമ്മൾ കർത്താവിൽ നമ്മുടെ സന്തോഷം വെച്ചിരിക്കുന്നു അതാണ് നമ്മുടെ നിലപാട് നെഹമ്യാവ് എട്ടിൻ്റെ പത്താമത്തെ വാക്യം നമുക്ക് പരിചിതമായ വാക്യമാണ് നെഹമ്യാവ് എട്ടിൻ്റെ പത്ത് യഹോവൈങ്കലെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നു പ്രിയപ്പെട്ടവര് അതുകൊണ്ട് ഈ പ്രയാസങ്ങളുടെ ഘട്ടത്തിൽ നമ്മുടെ സമാധാനം കർത്താവിലാണ് നമ്മുടെ സന്തോഷവും കർത്താവിലാണ് നമ്മളേതായാലും ആ വാക്യങ്ങളെ വായിച്ചല്ലോ ആ വാക്യം ഒന്നുകൂടെ നോക്കാം കർത്താവിലെപ്പോഴും സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്ന ഞാൻ പിന്നെയും പറയുന്നു നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ അഞ്ചാമത്തെ വാക്യം സൗമ്യത എന്ന് പറയുമ്പോൾ പേഷ്യൻസ് അത് നമ്മുടെ ക്ഷമ സകല മനുഷ്യരും അറിയട്ടെ ഈ പ്രയാസങ്ങളുടെ മധ്യത്തിലൂടെ കടന്നു ക്ഷമ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ടിവിടെ പറഞ്ഞിരിക്കുന്നു ക്ഷമ നഷ്ടപ്പെടരുത് ക്ഷമ ഉള്ളവരായിട്ട് അങ്ങനെയുള്ളവരായിട്ട് നമ്മളെ ആളുകൾ അറിയട്ടെ എന്നിട്ട് പറയുന്നു കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് അടുത്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം അതുപോലെ തന്നെ കർത്താവ് നിങ്ങളോട് അടുത്തിരിക്കുന്നു കർത്താവിൻ്റെ നിയർനെസ് നിങ്ങൾ അനുഭവിക്കണം എന്നും നമുക്ക് പറയാം അപ്പോൾ കണ്ടോ എങ്ങനെയാണ് എപ്പോഴും സന്തോഷിക്കാനും എപ്പോഴും സമാധാനിക്കാനും ഒക്കുന്നത് നാലിൻ്റെ നാലിലെ സമ സന്തോഷത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു അതിൻ്റെ ഏഴിലെ സമാധാനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു അതിൻ്റെ ഇടയ്ക്കുള്ള വാക്യങ്ങളാണല്ലോ നമ്മൾ വായിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് എപ്പോഴും സന്തോഷിക്കാനും എപ്പോഴും സമാധാനത്തിലായിരിക്കാനും കഴിയുന്നത് കണ്ടോ അവിടെ നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ കർത്താവ് വരുവാനെടുത്തിരിക്കുന്നു കർത്താവിൻ്റെ സാന്നിധ്യം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് അക്ഷരാർത്ഥത്തിൽ നടക്കുന്നതിനെ മാത്രമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് കർത്താവിൻ്റെ നിയർനെസ് നിങ്ങൾ അനുഭവിക്കുക കർത്താവിൻ്റെ സാന്നിധ്യം അറിയുമ്പോൾ അവിടെ കർത്താവിൽ സന്തോഷിപ്പാനും കർത്താവിൽ സമാധാനം കണ്ടെത്താനും നമുക്ക് കഴിയും എന്നിട്ടാണ് പറയുന്നത് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ ദൈവത്തോടെ അറിയിക്കുകയാണ് വേണ്ടത് എന്നാണ് പറഞ്ഞിരിക്കുന്നു നമ്മളവിടെ നോക്കിയാൽ അക്കമിട്ട് നമുക്ക് നാലുകൂട്ടം കാര്യങ്ങളെങ്കിലും അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ കഴിയും എപ്പോഴും സന്തോഷിക്കണം എന്നിട്ട് പറയുന്നു നമ്മളെപ്പോഴും എന്ത് ചെയ്യണം നമ്മളെ ക്ഷമിക്കണം ഏ സൗമ്യത നിങ്ങളുടെ ക്ഷമ എല്ലാവരും അറിയട്ടെ അപ്പൊ നമ്മൾ എന്തോ വേണം ദിവസവും ക്ഷമിക്കണം എന്നിട്ട് താഴെ പറയുന്നു നിങ്ങളുടെ പ്രാർത്ഥനയാല് ദൈവത്തോട് അറിയിക്കണം അപ്പൊ എന്നും പ്രാർത്ഥന വേണം അതുപോലെ തന്നെ ദൈവത്തിലുള്ള ആശ്രയം ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ ദൈവത്തിൽ ആശ്രയിക്കുന്നത് പ്രിയപ്പെട്ടവരെ കണ്ടു അവിടെ നമ്മൾ നമുക്കിങ്ങനെ വേണമെങ്കിൽ പറയാം ആ എപ്പോഴും ഓൾവെയ്സ് റിജോയ്സ് എപ്പോഴും സന്തോഷിപ്പി ദിവസവും ക്ഷമിപ്പി ഡെയിലി ഫോർഗീവ്നെസ് അതുപോലെ തന്നെ ഡെയിലി ഡിപ്പെൻഡൻസ് ദൈവത്തിലുള്ള ദിനംതോറുമുള്ള ആശ്രയത്വം ഡെയിലി പ്രേയർ എല്ലാറ്റിലും എപ്പോഴും ഇത് ഡെയിലിന്ന് വേണമെന്നില്ല ഒരു ദിവസത്തിൽ തന്നെ പലവട്ടം നമ്മുടെ ജീവിതത്തിൽ സന്തോഷം എപ്പോഴും ഉണ്ടാകണം ക്ഷമ എപ്പോഴും ഉണ്ടാകണം ദിവസത്തിൽ തന്നെ പലവട്ടം വേണമെങ്കിലും ഉണ്ടാകാം ഡെയിലി ഡിപ്പെൻഡൻസ് എന്നുള്ളത് എപ്പോഴുമുള്ള ഡിപ്പെൻ്റൻസ് എന്നും പറയാം ദൈവത്തിൽ ആശ്രയത്വം അതുപോലെ പ്രാർത്ഥന അതും ഉണ്ടാകണം നമ്മൾ അതിൻ്റെ താഴോട്ട് വരുമ്പോൾ അതിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ അവിടെ ഡെയിലി ഡിവോഷനെ കുറിച്ചും പറയുന്നുണ്ട് സൽക്കീർത്തി ആയതും ഒക്കെയും സൽഗുണമോ പുകഴ്ച്ച ഒക്കെയും ചിന്തിച്ചു കൊള്ളുവേ ഡെയിലി ഡിവോഷൻ അഞ്ചുകൂട്ടം കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് അവിടെ കണ്ടെത്താൻ കഴിയും ഓൾവെയ്സ് റിജോയ്സ് ഓൾവെയ്സ് ഫൊർഗീവ്നെസ് ഓൾവെയ്സ് ഡിപ്പെൻഡൻസ് ഓൾവെയ്സ് പ്രെയർ ഓൾവെയ്സ് ആ ഡെയിലി ഓൾവെയ്സ് ഡിവോഷൻ അല്ലെങ്കിൽ ഡെയിലി ഡിവോഷൻ കണ്ടോ ഞാനാ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ടവരെ ഇതെല്ലാം നമ്മളെ ദൈവികമായ ഒരു സമാധാനത്തിലും സന്തോഷത്തിലും കാക്കും എന്നാണ് നമ്മൾ പറഞ്ഞത് നമ്മൾ കടന്നു പോകുന്ന സാഹചര്യത്തോടുള്ള ബന്ധത്തിൽ സ്വാഭാവികമായിട്ട് വിചാരപ്പെടുവാനും സന്തോഷം നഷ്ടപ്പെടാനും സമാധാനം നഷ്ടപ്പെടാനും ഉള്ള സാധ്യതയുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു എന്നാൽ നമ്മുടെ സന്തോഷം കർത്താവിലാണ് നമ്മുടെ സമാധാനം ക്രിസ്തുവേശുവെങ്കിലാണ് അതുകൊണ്ട് നമ്മുടെ ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ബുദ്ധിയെ സകേല ബുദ്ധിയെയും കവി ആ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശിവൽ കാക്കും പക്ഷെ അതിനുവേണ്ടി നമ്മൾ നമ്മുടെ മനസ്സിൽ വരുന്ന വിചാരങ്ങളെ ബോധപൂർവം വിചാരപ്പെടരുതെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെന്ന് നമ്മൾ ഓർത്ത് അത് ദൈവത്തിൽ സമർപ്പിച്ച് നമ്മുടെ വിചാരങ്ങൾ ദൈവത്തിൽ ഇട്ടിട്ട് പ്രാർത്ഥന അപേക്ഷ നന്ദി ഇങ്ങനെ മൂന്ന് കൂട്ടം നൽകി മുകളിലേക്ക് മുകളിലേക്ക് അത് കൊടുത്താൽ ദൈവത്തോടതിനെ അറിയിച്ചാൽ ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ നിന്നാൽ നമുക്ക് സമാധാനമുള്ളവരായിരിക്കാൻ കഴിയും നമുക്ക് സന്തോഷമുള്ളവരായിരിക്കാൻ കഴിയും നമുക്കെപ്പോഴും സന്തോഷം വേണം ക്ഷമ വേണം എപ്പോഴും ആശ്രയം വേണം എപ്പോഴും പ്രാർത്ഥന വേണം അതുപോലെ തന്നെ എപ്പോഴും ധ്യാനം വേണം ദൈവവചനം ധ്യാനിക്കുക ഡെയിലി ഡിവോഷൻ എന്ന് പറയുന്നത് ഇതിലൂടെ എല്ലാമാണ് ദൈവത്തോടുള്ള ഒരു ഫെലോഷിപ്പിൽ വിത്ത് ഗോഡ് ദൈവത്തോട് റിയിക്കുന്നത് വിത്ത് ഗോഡ് ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിയുന്നത് ഈ കാര്യങ്ങൾ കൊണ്ടാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്കിത് ഗൗരവമായിട്ട് എടുക്കാം കർത്താവ് നമ്മളോട് പറയുന്നു ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് സന്തോഷിക്കുക നമ്മുടെ ക്ഷമ എല്ലാവരും അറിയട്ടെ ദൈവത്തിൽ ആശ്രയിക്കുക പ്രാർത്ഥിക്കുക നമുക്ക് ദൈവത്വ ധ്യാനിക്കുക അപ്പോൾ ദൈവസമാധാനം സകല ബുദ്ധിയേയും കവിഞ്ഞ് നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവിൽക്കാക്കൂ നമുക്ക് ഈ കാര്യത്തിനായിട്ട് നമ്മളെ തന്നെ സമർപ്പിച്ച് സമാധാനത്തോടെ ആയിരിക്കാം ദൈവം നമ്മെ ഈ വചനങ്ങളാ അനുഗ്രഹിക്കുമാറാകട്ടെ